ധമൂ അവാക്ശാഖോ ശുദ്ധ സുക്രമൃതസ്ോകാ ശ്രിത േരി കൈ തം ജഗത്സം പ്രാണതി നിസ്സൃതം മഹദ്ഭയം വജ്രമുദ്ദം എന്തത് വിരമൃതത്തെ യാപതി ഭപതി സൂര്യ ഭ്രശ്ചാശ്ശ മൃത്യുദ്ധാവതി പഞ്ച ഇഹചേ അശകോം പ്രക് ശരീര വിസ്രസ ശരീരത്തെ ദോക ദൃശ്യത്തെ ഗന്ധർവലോകൂരിവ പൃഥക്ാവം न പൃഥക്ുപന മീരോ ഇന്ദ്രിഭ്യനോ മനസ व्यक्त मुच्यते ിംഗു അമൃതം ചേട്ട സന്ദ്രശി തിഷതിരുപമസ നക്ഷുഷാ പശ്യത്തിനീഷാ മനസഭിക്ലിപ്തോ ഏതുരമൃത പഞ്ചാവത്തി ബുദ്ധിശ്ചേ സമാഹോ പരമതി മന്യേ ശ്രീരാമ ഇന്ദ്രിധാരണ അപ്രമത്ത യോഗോ ഹി പ്രഭവാപ്യയോ നൈ വചാസം ശക്ൂക്ഷുഷ അതിരി ബ്രുവദുപ്യത അസ്വോപലബ്ധവ്യേന ചോഭയോ ോപലബ്ധാവീദത്തിശ്രിത അഥ മറ്റോ അമൃതോ അത്ര ബ്രഹ്മസമു േ പ്രഭിന് ഹൃദയേഹ ഗ്രന്ഥയ അഥ മൂമൃതോ ഏതാവധ്യനുശാസനം ശതം ചേക്കൃദയ ന താസം മൂർധാനമൃതൈകോധമായൻ അമൃതമേതിന്യാ ഉമണേ അങ്കുഷ്ടമാത്രപുരുഷോന്ദ സൃദയ സവിഷ്ട ീരാത്രിയേനുക്രമൃത മൃത്യു പ്രോക്തീക ൂലോ എന്ന മന്ത്രത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഊർധ്വമൂലം ഊർധ്വം മൂലം അസ്യ ഊർധ്വം മുകളൽ മൂലം വേര് ഏതൊരു വൃക്ഷത്തിനാണോ ഉള്ളത് അതാണ് ഊർധ്വമൂലം ഊർധ്വം എന്ന് പറയുമ്പോൾ മുകളൽ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനുപരിയായി പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് ബ്രഹ്മം തന്നെ പ്രപഞ്ചത്തിന് ഉപരിയായി പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ബ്രഹ്മം അങ്ങനെയുള്ള ബ്രഹ്മം അധിഷ്ഠാനമായിരിക്കുന്ന അതാണ് ഈ പ്രപഞ്ചം അതാണ് എന്റെ താല്പര്യം ബ്രഹ്മം അധിഷ്ഠാനമായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം ബ്രഹ്മം സർവോപരിയാണ് എന്ന് കാണിക്കുന്ന അതിന് ഊർധ്വം എന്ന് പറയുന്നത് അതാണ് അധിഷ്ഠാനം എന്ന് കാണിക്കുന്നതിന് മൂലം വേര് എന്നും പറയും ്രഹ്മത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നില നൽകുന്നത് അതിനെ ഒരു വൃക്ഷമായി കല്പിച്ചിരിക്കുന്നു എന്തുകൊണ്ട് പറഞ്ഞു വൃക്ഷനാൻ പറ്റിയതാണ് ഛേദിക്കുക ഛേദനം എന്ന അർത്ഥത്തിലുള്ള ധാതുയിൽ നിന്നാണ് വൃക്ഷ ശബ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഛേദിക്കാൻ പറ്റിയത് നശിപ്പിക്കാൻ പറ്റിയത് സ്വയം നശിച്ചു പോകുന്നത് അതാണ് വൃക്ഷം ഈ സംസാരവൃക്ഷവും അതുപോലെ നശിച്ചു പോകുന്നതാണ് അല്ലെങ്കിൽ നശിപ്പിക്കാവുന്നതാണ് അതിനെയാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത് ജന്മ ജരാ മരണശോകാദ്യ അനേക അനർത്ഥാത്മക വൃക്ഷ ആ വൃക്ഷത്തെ ജന്മം ജര മരണം ശോകം തുടങ്ങി അനേക അനർത്ഥ രൂപത്തിലുള്ളതാണ് സംസാരവൃക്ഷം പ്രതിക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുന്നാണ് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നാണ് ഇതെല്ലാം വൃക്ഷത്തിന്റെ വിശേഷമാണ് ഗന്ധർവ നഗരാധിപത് നഷ്ട സ്വരൂപത്വാ എന്തുകൊണ്ടത് പരിണമിക്കുന്നു അതിനാണ് പറഞ്ഞത് മായ ഇന്ദ്രജാലം മരിച്ചുതകം കാനൽ ജലം ഗന്ധർവ്വ നഗരം ഇവകളെപ്പോലെ ദുഷ്ട നഷ്ട സ്വരൂപത്താർ കാണുന്ന മാത്രയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നവയാണ് അതുകൊണ്ടാണിത് പ്രദക്ഷിണം പരിണമിക്കുന്നു എന്ന് പറഞ്ഞത് അവസാനീജ അഭാവാത്മക ഒടുവിലിരു വൃക്ഷത്തെ പോലെ അത് നശിച്ചു പോകുന്നതാണ് അഭാവാത്മകം ഇല്ലാതായിത്തീരുന്നതാണ് കദളി സ്തംഭവും നിസ്സാരവും കാമ്പില്ലാത്തതാണ് വാഴ പോലെ ആവശ്യത്തിന്റെ പ്രത്യേകത എന്താണ് അനേകശതവികൽപങ്ങൾ വിരുദ്ധ കൽപ്പനങ്ങൾക്ക് ആശ്രയമായിരിക്കുകയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് സ്ഥിതിയെക്കുറിച്ച് നാശത്തെക്കുറിച്ചെല്ലാം ഉള്ള അനേക പാഖണ്ഡ ബുദ്ധികൾ പാഖണ്ഡമായ നിന്ദ്യമായ ബുദ്ധികൾക്ക് തന്നെ ശരിയല്ല അങ്ങനെയുള്ള അനേക നിന്ദ്യ ബുദ്ധികൾക്ക് വിഷയമായിരിക്കുന്നു ഇതിനെക്കുറിച്ച് വിരുദ്ധങ്ങളായ പല അഭിപ്രായങ്ങളും തത്വജിജ്ഞാസുഭീ അനിർദ്ധാരിത ഇതം ഇതെന്താണ് ഇതിന്റെ തത്വം പ്രപഞ്ചത്തിന്റെ തത്വം പ്രപഞ്ചത്തിന്റെ സ്വതന്ത്രമായ തത്വം എന്താണ് എന്നൊരു തത്വ ജിജ്ഞാസുവിനെ ഒരിക്കലും നിർണയിക്കാൻ കഴിയത്തില്ല കാരണം ഇതിന്റെ തത്വം പരബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ഇന്നതാണെന്ന് നിരൂപണം ചെയ്യാൻ കഴിയാത്തതാണ് തത്വ ജിജ്ഞാസുക്കൾക്ക് തത്വജിജ്ഞാസുഭി അനിർദ്ധാരി നിർദ്ധാരിത ഇതം തത്വം വേദാന്ത നിർധാരിത പരബ്രഹ്മൂലസാരോ ഊർധമൂലം എന്നുള്ളതിന്റെ താല്പര്യം പറയുന്നുതം ഉപനിഷത്ത് ഉപനിഷത്തുക്കളാൽ നിർധാരണം ചെയ്യപ്പെട്ട നിശ്ചയിക്കപ്പെട്ട പരബ്രഹ്മ മൂലസാരോ പരബ്രഹ്മമാകുന്ന മൂലത്തോട് കൂടിയത് അതാണ് ഇതിന്റെ സാരം എന്ന് വെച്ചാൽ ഇതിന്റെ തത്വം ഈ പ്രപഞ്ചവൃക്ഷത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ് പരബ്രഹ്മമാണ് അതെന്താണ് അതിന്റെ ഈ വൃക്ഷത്തിന്റെ മൂലമാണ് വേരാണ് ആധാരമാണ് വേദാന്ത നിർദ്ധാരിത പരബ്രഹ്മ മൂലസാരം അതാണ് ഈ വൃക്ഷം ഇക്കാര്യം നിർണ്ണയിക്കുന്നത് അവിടെ വേദാന്തത്തിലാണ് ഉപനിഷത്തുകളും നിർണ്ണയിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു സാരമുണ്ട് ഇതിനൊരു ആധാരമുണ്ട് അല്ലെങ്കിൽ സത്യുണ്ട് അത് പരബ്രഹ്മമാണ് അവിദ്യ കാമ കർമ്മ അവ്യക്തബീജ്രഭാവം അവിദ്യ കാമം കർമ്മം അവ്യക്തം ഇതാണ് ഈ വൃക്ഷത്തിന് ബീജമായിരിക്കുന്നത് സംസാര ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന എന്താണ് പറയുന്നത് അവിദ്യ ജീവന്റെ അജ്ഞാനം ആ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന കാമം ആ കാമത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മം സർവകാരണമായിരിക്കുന്ന അബികം ഇതാണ് ഇതിന്റെ ബീജം ഈ ബീജത്തിൽ നിന്ന് പ്രഭവം ഉത്പത്തി ഏതിനാണോ ഉള്ളത് അതാണ് ഈ സംസാരവൃക്ഷം ഇതെല്ലാം സംസാരവൃക്ഷത്തിൻ്റെ വിശേഷണമാണ് അത് പ്രപഞ്ചത്തിന് കാരണമായി പറയുന്നത് അദ്വൈതമനുസരിച്ച് പ്രപഞ്ചത്തിന് സാധാരണ കാരണമായി പറയുന്നു കാരണമായി പറയുന്നു ഈശ്വരൻ മായാശക്തിയെ ഉപയോഗിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നു പക്ഷെ ഈശ്വരൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു സൃഷ്ടിയുടെ ഉദ്ദേശികത എന്താണത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ അതുകൊണ്ട് എന്താ ലാഭം അപ്പൊ അതിന് ഇവിടെ അദ്വീതികൾ പറയുന്നത് എന്താണ് ജീവന്റെ കർമ്മം അതാണതിന് നിമിത്തമായിരിക്കുന്നത് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് നിമിത്തം അത് ജീവന്റെ കർമ്മം കാമം അജ്ഞാനം ഇതൊക്കെയാണ് ജീവന് കർമ്മം അനുഷ്ഠിക്കുന്നതിനും കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിനും ഒരു തലം വേണം ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഈ ബ്രഹ്മാണ്ടത്തെ മുഖം സൃഷ്ടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ജീവന് കർമ്മം ഉള്ളിടത്തോളം മാത്രമേ പ്രപഞ്ചമുള്ളൂ സൃഷ്ടിയുള്ളൂ പ്രപഞ്ചമുള്ളൂ ജീവന് കർമ്മം ഒടുങ്ങുമ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുന്നു അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നു അവിടെ പ്രപഞ്ചം അവസാനിക്കുന്നു അത് പ്രധാനമായും കാരണം ഈശ്വരന് സൃഷ്ടിസ്ഥിതി കർമ്മങ്ങൾ നടത്തിയിട്ട് ലാഭനഷ്ടങ്ങളൊന്നുമില്ല ഈശ്വരനതിൽ നിന്നൊന്നും നേടാനില്ല ആപ്ത കാമസ്യ കാസ്പൃഹ ഈശ്വരനും കാമനകളില്ല കാമനകളുടെ അടുത്തേ സൃഷ്ടിയുള്ളൂ ആപ്തകാമനാണ് അപ്പം അവിടെ സ്പൃഹയില്ല പിന്നെ എന്തിനു സൃഷ്ടിക്കണം സൃഷ്ടിയുടെ ആവശ്യം പക്ഷെ ഇതെല്ലാം ജീവനുണ്ട് ജീവന് കാമം ഉണ്ട് കർമ്മങ്ങളുണ്ട് പക്ഷേ സൃഷ്ടിക്കാനുള്ള ശേഷിയില്ല പ്രപഞ്ച സൃഷ്ടിക്കുള്ള വൈഭവം അത് ജീവനില്ല അപ്പം ജീവന് വേണ്ടി ഇത് മറ്റാരെങ്കിലും സൃഷ്ടിക്കണം അപ്പം ജീവന് വേണ്ടി ഈശ്വരൻ ഇതിനെ സൃഷ്ടിക്കുന്നു അപ്പം സൃഷ്ടിയുടെ പ്രധാനമായ കാരണമായിരിക്കുന്നത് ഈശ്വരനാണെങ്കിൽ അതുപോലെ അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന മറ്റൊരു കാരണമാണ് ജീവന്റെ കാമകർമ്മങ്ങൾ അത് അനാദിയായിരിക്കുന്നു ജീവൻ അനാദിയായിരിക്കുന്നു ജീവന്റെ കാമകർമ്മങ്ങൾ അനാദിയായിരിക്കുന്നു അതുകൊണ്ട് സൃഷ്ടിയും അനാദിയായി തുടരുന്നു അതാണ് അദ്വൈതമാർ അല്ലെങ്കിൽ സൃഷ്ടി ഈശ്വരൻ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളതിന് ഉത്തരമുണ്ടാകുമല്ലോ അത് ജീവനാണ് അതിന് നിമിത്തമായിരിക്കുന്നത് അതുകൊണ്ടൊരു ജീവന്റെ കർമ്മം തുടങ്ങുമ്പോൾ അവിടെ സൃഷ്ടിയും അവസാനിക്കുന്നു ആ ജീവനുവിനെ സൃഷ്ടിയില്ല സൃഷ്ടിയില്ല അതുകൊണ്ട് ജന്മ സംസാരം ഒന്നും തന്നെ ഉണ്ടാകരുത് അതാണ് ഇവിടെ പറഞ്ഞ കാമ കർമ്മ അവ്യക്ത ബീജപ്രഭു അവിദ്യ കാമം കർമ്മം അവ്യക്തം തുടങ്ങിയ ബീജങ്ങളിൽ നിന്നും ഉണ്ടായതാണ് വീണ്ടും ആ വൃക്ഷത്തെ വിശേഷിപ്പിക്കുകയാണ് അപരബ്രഹ്മ വിജ്ഞാന ക്രിയാശക്തി ദ്വയാത്മക ഹിരണ്യഗർഭ അങ്കുര ഈ വൃക്ഷ ഒരു വൃക്ഷം ഉണ്ടായി വരുന്നതിനാൽ ഒരു അങ്കുരം വേണം ബീജത്തിൽ നിന്നൊരങ്കുരം ഉണ്ടാവണം ബീജം ഇതാണെന്ന് പറഞ്ഞാൽ വിദ്യ കാമ കർമ്മ വ്യക്തങ്ങൾ ഒക്കെയാണ് ബീജം ആ ബീജത്തിൽ നിന്നുണ്ടായി വരുന്ന അങ്കുരമെന്താണ് അതാണ് അപരബ്രഹ്മം എന്ന് പറയുന്നു അപരബ്രഹ്മം അല്ലെങ്കിൽ കാര്യബ്രഹ്മം അതിനെ തന്നെ ഹിരണ്ഗർഭൻ എന്ന് പറയുന്നു അപരബ്രഹ്മ വിജ്ഞാന ക്രിയാശക്തി ദ്വയാത്മക അതെന്താണ് വിജ്ഞാനശക്തിയും ക്രിയാശക്തി ഈ രണ്ടും കൂടിച്ചേർന്നാണ് അതിനാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത് അത് അങ്കുരമാണ് പ്രപഞ്ചവൃക്ഷത്തിന്റെ ആദ്യത്തെ മുകളം അത് ഹിരണ്യഗർഭനാണ് അവ്യക്തമാകുന്ന ബീജത്തിൽ നിന്നും ഹിരണ്യഗർഭൻ എന്ന അങ്കുരമുണ്ടായി അങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയാണ് അതുകൊണ്ടാണ് ഹിരണ്യഗർഭ അങ്കുരം അത് ബ്രഹ്മത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അതിന് അപരബ്രഹ്മം എന്നുവെച്ചാൽ പരബ്രഹ്മല്ല എന്നാൽ ബ്രഹ്മമാണ് അത് അപരബ്രഹ്മ വിജ്ഞാനക്രിയാശക്തി ദ്വയാത്മകരണ്യഗർഭാംഗുര സർവ പ്രാണി ലിംഗഭേദ സ്കന്ധ സർവപ്രാണി ലിംഗഭേദ സർവപ്രാണികളുടെയും ശരീരഭേദം അതാണ് സ്കന്ധം ഇതിന്റെ ഈ വൃക്ഷത്തിന്റെ തടി അതാണ് വൃക്ഷത്തിനൊരു തടി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കട എന്ന് പറയും ആ ഭാഗം എന്താണ് അത് സർവപ്രാണികളുടെയും ശരീരങ്ങളാണ് ലിംഗഭേദം ശരീരം ഞങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ശരീരം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് സർവ്വപ്രാണിയുടെയും ശരീരമാണ് ഈ വൃക്ഷത്തിന് തടിയായിരിക്കുന്നത് തൃഷ്ണ ജല അവസേക ഉദ്ഭൂത ദർപ്പ് ുദ്ധി ഇന്ദ്രിയ വിഷയപ്രവാളാഹാജലം പ്രവാള കൃഷ്ണാജലം ജലം അതിന്റെ അവസേകം ജനം തൃഷ്ണയാകുന്ന ജലം നനയ്ക്കുന്നതുകൊണ്ട് ഉദ്ഭൂതർ വർദ്ധിച്ച ദൃപത്തോടുകൂടിയിരിക്കുന്ന എന്ന് വെച്ചാൽ വളരെ തഴച്ച് വളരും ബുദ്ധീന്ദ്രിയ വിഷയ പ്രവാളാങ്കുര പ്രവാളാങ്കുരങ്ങൾ തളിരുകൾ വിക്ഷോമ്പാല് തടിയുണ്ടാകും അതിൽ ചെറിയ തളിരുകൾ ഉണ്ടാകും അതെന്താണ് തൃഷ്ണയാകുന്ന ജലം തളിക്കുന്നതുകൊണ്ട് തളിച്ചു വളരുന്നത് അതാണ് ഉദ്ഭൂതദർഭുദ്ധി ഇന്ദ്രിയം വിഷയങ്ങൾ ഇതാണ് അതിൻ്റെ തളിരുകൾ പ്രവാളം തളിര് പ്രവാള അങ്കുര ആ തളിർ തളിരുണ്ടായി വരുന്നത് തളർത്തു വരുന്നത് തളിരിന്റെ അങ്കുരങ്ങൾ അതാണ് വൃക്ഷത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നു വെച്ചാൽ വൃക്ഷത്തിന് ഏറ്റവും ബലം കൊടുക്കുന്നതിന്റെ ഇലകളാണ് അത് ഇല തളർത്ത് വരുമ്പോൾ അത് നല്ലവണ്ണം വളരും അങ്ങനെ വളരുന്നതിന് കാരണം എന്താണ് അത് തൃഷ്ണയാണ് ഈ സംസാരവൃക്ഷത്തെ വളരെ വിപുലമാക്കി നിർത്തുന്നത് ജീവന്റെ തൃഷ്ണയാണ് ആഗ്രഹങ്ങളാണ് തൃഷ്ണയാണ് അതിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ടിത് വളരെ സമൃദ്ധമായി താഴെച്ച് വളരുന്നു അതിന്റെ വളർച്ച എന്ന് പറയുന്നത് എന്താണ് സംസാരത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ബുദ്ധി ഇന്ദ്രിയം വിഷയങ്ങൾ ഇതുകൂടി ചേരുന്നതാണ് സംസാരം വിപുലമായി കൊണ്ടിരിക്കുന്നത് അറിഞ്ഞ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സംസാരം വിപുലമായി കൊണ്ടേയിരിക്കുന്നു ആർക്ക് ജീവൻ എന്നാ ജീവനെ സംബന്ധിച്ച് പറയുക സംസാരം വിപുലമാകുന്ന ജീവനെ സംബന്ധിച്ചാണ് ആ ജീവനവൻ്റെ ഇന്ദ്രിയങ്ങളുപയോഗിച്ച് അറിഞ്ഞ് വിഷയങ്ങളെ അനുഭവിക്കുന്നതിനനുസരിച്ച് ആ സംസാരം വിപുലമാകുന്നു എന്ന് പറഞ്ഞാൽ ആ ജീവന് പുതിയ പുതിയ ജന്മങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പുതിയ പുതിയ ലോകങ്ങളിൽ പുതിയ പുതിയ ജന്മങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു സംസാരം വിപുലമായിക്കൊണ്ടിരിക്കുന്നു അതിന് പ്രധാന കാരണങ്ങളായിരിക്കുന്നത് ബുദ്ധി ഇന്ദ്രിയം വിഷയം ാണ് ഉദ്ഭൂതർപ്പം ദർപ്പം എന്ന് വെച്ചാൽ കൂടെ ആ ഇലകളുടെ അത് വളരെ പുഷ്ടിയോടുകൂടി തളർച്ചു തളർ വളർന്നു വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ഭൂതർപ്പം വർദ്ധിച്ച ദുർപ്പത്തോടുകൂടി അത് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വൃക്ഷത്തിനെങ്ങനെയാണോ അതിന്റെ വളർച്ചയ്ക്ക് അതിന്റെ ഇലകൾ അത്യന്താപേക്ഷിതങ്ങളായിരിക്കുന്നു ഇലകളെ കൂടാതെ വളരാൻ പറ്റത്തില്ല എല്ലാ വളർച്ചയ്ക്കും കാരണമായിരിക്കുന്ന വൃക്ഷത്തിന്റെ ഇലകളാണ് അതുപോലെ ഈ സംസാരവൃക്ഷത്തിന്റെ ഇലകൾ ആണ് ഈ സംസാരവൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഓരോ ജീവനും ഓരോ സംസാരം ഓരോ വൃക്ഷത്തിനും അതിന്റേതായ ഇലകളും ശാഖകളും തളരുകളും അതുപോലെ ഓരോ ജീവനും അവന്റേതായും വിഷത്തിൽ സർവമുണ്ട് സംസാരത്തിൽ സർവവും അന്തർഭവിച്ചിരിക്കുന്നു നന്മയും തിന്മയും സർവവും അതാണ് അടുത്ത് പറയുന്നത് ശ്രുതി സ്മൃതി ന്യായ വിദ്യ ഉപദേശ പലാശു ശ്രുതികൾ രുസ്വാമി രൂപത്തിലുള്ള ശ്രുതികൾ സ്മൃതികൾ ന്യായ വിദ്യ ഉപദേശ ഫദേശ രൂപത്തിലുള്ള ന്യായ വിദ്യകളെന്ന് പറയുമ്പോൾ എല്ലാ വിദ്യകളും പൊതുവായി ന്യായ വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നു സമൃതി ഒഴികെയുള്ള ഇതിഹാസ പുരാണാദികൾ മറ്റ് ശാസ്ത്രങ്ങൾ സർവവും അവയുടെ ഉപദേശങ്ങളാണ് ഇതിന്റെ പലാശങ്ങൾ ചെറു ശാഖകൾ ഈ വൃക്ഷത്തിന്റെ ശാഖകളായിരിക്കുന്നു അതുമെല്ലാം ഈ വൃക്ഷത്തെ വളരുന്നതിനും നിലനിൽക്കുന്നതിനും എല്ലാം സഹായിക്കുന്നവയാണ് ഈ ശ്രുതി സ്മൃതി ന്യായവിദ്യ ഉപദേശങ്ങൾ സംസാരത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് സർവ ശ്രുതി അങ്ങനെ അതിൽ കർമ്മങ്ങൾ പറയുന്നു ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു ഫലത്തെ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജീവന് ജനിക്കേണ്ടി അങ്ങനെ സംസാരം വർധിച്ചു കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം ജീവന് അതാണ് ശ്രുതി അതി ശ്രുതി സ്മൃതി ന്യായവിദ്യ ഉപദേശ രൂപത്തിലുള്ള ചെറിയ ശാഖകളോടുകൂടിയതാണ് ഈ സംസാരവൃക്ഷം യജ്ഞ ദാന തപ ആദ്യ അനേക ക്രിയാസുപുഷ്പ ഇതിൽ സുപുഷ്പങ്ങളുണ്ട് നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഈ വൃക്ഷത്തിനുണ്ട് എന്തൊക്കെയാണ് അപ്പം യജ്ഞം ദാനം തപസ് തുടങ്ങിയ അനേക ക്രിയകൾ അനേക കർമ്മങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ അത് വൃക്ഷത്തിന്റെ ഭാഗമാണ് സർവവും ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് സുഖ ദുഃഖ വേദന അനേകരസ അനേക രസങ്ങൾ ഈ വൃക്ഷത്തിലടങ്ങിയിരിക്കുന്നു വൃക്ഷത്തിൽ അതിൻ്റെ ഫലത്തിൽ എല്ലാം രസങ്ങളുണ്ടല്ലോ മധുരാതിരസങ്ങൾ ഇവിടെ എന്താണ് ഈ സംസാരവൃക്ഷത്തിന്റെ രസങ്ങൾ എന്ന് പറയുന്നത് സുഖം ദുഃഖം തുടങ്ങിയ വേദന വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന വേദനയല്ല വേദന എന്ന് വെച്ചാൽ അനുഭവം സുഖദുഃഖ അനുഭവങ്ങളാകുന്ന അനേക രസങ്ങളോടുകൂടിയതാണ് ഈ സംസാരവൃക്ഷം ജീവൻ ഈ സംസാര വൃക്ഷത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അനേക രസങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ ജീവൻ അനുഭവിക്കുന്ന അനേക രസങ്ങൾ എന്താണ് സുഖവും ദുഃഖവും സുഖം മാത്രമല്ല രസം ദുഃഖവും രസമാണ് അങ്ങനെയുള്ള അനേക രസങ്ങളെ ആ ജീവൻ ഈ സംസാരവൃക്ഷത്തിൽ പ്രപഞ്ചമാകുന്ന സംസാരവൃക്ഷത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രാണ്യുപജീവിയ അനന്തഫല അനന്ത പ്രാണ്യുപജീവി പ്രാണികളെല്ലാം ആശ്രയിക്കുന്നു പ്രാണികളെല്ലാം അന്തിമമായി ആശ്രയിച്ചിരിക്കുന്നതിനെയാണ് അനന്തഫലങ്ങൾ ഈ സംസാരവൃക്ഷത്തിന്റെ അനന്തഫലങ്ങളെയാണ് അതെന്താണ് കർമ്മഫലങ്ങളാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ഈ സംസാരവൃക്ഷത്തിന്റെ ഫലങ്ങൾ ആ ഫലവും സംസാരത്തിൽ അന്തനുഭവിച്ചിരിക്കുന്നു ആ കർമ്മഫല രൂപത്തിൽ വരുന്ന സ്വർഗാദി ലോകങ്ങൾ ഇവിടെ പശുപുത്ര വിത്താദി സമ്പത്ത് ഇതെല്ലാം കർമ്മഫല രൂപത്തിൽ ഈ ലോകത്തിൽ ജീവന് അനുഭവയോഗ്യങ്ങളായി നിലകൊള്ളുന്നവയാണ് അതാണ് പ്രാണി ഉപജീവിക പ്രാണികളെല്ലാം ആശ്രയിക്കുന്ന അനന്തഫലത്തോടുകൂടിയതാണ് തീരാത്ത ഫലങ്ങളാണ് അവർ ജീവന്റെ സംസാരഗതി ജ്ഞാനപ്രാപ്തി വരെ അത് അനന്തമായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് കർമ്മഫലം അനന്തങ്ങളാണ് അതുകൊണ്ട് തത്തൃഷ്ണാ സലില അവസേക പ്രരൂഢ ജഡീകൃത ദൃഢബദ്ധമൂല വീണ്ടും ആ വിഷയത്തെ വിശേഷിപ്പിക്കുകയാണ് തത്തൃഷ്ണ ഫലതൃഷ്ണ ഫലാഗ്രഹം ഫലതൃഷ്ണയാകുന്ന സലിലം ജലം അതിന്റെ അവസേകം സേചനം ജലസേചനം ഫലതൃഷ്ണയാകുന്ന ഫലാഗ്രഹമാകുന്ന ജലസേചനം കൊണ്ട് സലിലാവശ്യകം കൊണ്ട് പ്രരൂഢമായ പ്രരൂഢമായി നല്ല വളർച്ചയെ പ്രാപിച്ച് ജഡീകൃതമായി കെട്ടു പിണഞ്ഞ് ദൃഢ ദൃഢമായ നല്ല ഉറപ്പുള്ള ദൃഢബദ്ധമായ നല്ല ഉറപ്പോ കൂടി ഈ ജീവനെ ബന്ധിച്ചിരിക്കുന്ന മൂലം വേരോടുകൂടിയതാണ് അതായത് വൃക്ഷത്തിൽ എന്ന് പറയുന്നൊരു പ്രധാന വേരുണ്ടല്ലോ സംസാരവൃക്ഷത്തിന്റെ അത് പറഞ്ഞ് പരബ്രഹ്മമാണ് പക്ഷെ ആല് പോലെയുള്ള വൃക്ഷങ്ങളിലെല്ലാം വേറെയും വേരുകളുണ്ട് ആ വൃക്ഷത്തിൽ ശാഖകളിലും മറ്റും തടിയിലും മറ്റുമുള്ള വേരുകൾ തായ് പേരല്ല ശാഖേലും മറ്റുമുള്ള പേര് അതെന്താണ് പറയൂ അതെങ്ങനെയുള്ളതാണ് പറയുന്നു അനന്ത ഫലതൃഷ്ണ ജീവന്റെ അനന്ത ഫലതൃഷ്ണ കൊണ്ട് ആ ഫലതൃഷ്ണയാകുന്ന ജലം സേചനം കൊണ്ട് അത് തഴച്ചു വളർന്നതാണ് കെട്ടുപണഞ്ഞ് കിടക്കുന്നതാണ് ആ ജീവന്റെ കർമ്മബന്ധങ്ങൾ അതാണതിൻ്റെ ദൃഢീകരണമായി കെട്ടുപിണഞ്ഞ് ദൃഢമായി അവനെ ബന്ധിച്ചിരിക്കുന്ന ഔഷധത്തിന്റെ മറ്റു പേരുകൾ അവന്റെ കർമ്മബന്ധങ്ങൾ വാസനാ ബന്ധങ്ങൾ അതിനാണ് അവിടെ മറ്റു പേരുകളായി പറയുന്നു സത്യനാമാതി സപ്തലോക ്രഹ്മാതിഭൂത പക്ഷികൃത നീട വൃക്ഷം വലിയ വൃക്ഷമാകുമ്പോ അതിൽ പക്ഷികളുടെ കൂടുകളാണ് ഇവിടെ പക്ഷികളുടെ കൂടുകൾ എന്ന് പറയുന്നത് എന്താണ് ആ കൂടുകൾ എന്താണ് അത് ലോകങ്ങളാണ് ഭൂർഭൂസ്വ മഹ സത്യാദി ലോകങ്ങൾ പറയുന്നത് അന്ന് സത്യനാമാദി സപ്തലോകം സത്യലോകം തുടങ്ങിയ സപ്തലോകങ്ങൾ അതാണ് ഈ വൃക്ഷത്തിലെ കൂടുകൾ അവിടെ ആരാണ് കൂട് കൂട്ടിയിരിക്കുന്നത് ബ്രഹ്മാധിഭൂത പക്ഷികൾ ബ്രഹ്മാവ് തുടങ്ങിയ പക്ഷികൾ അതും പക്ഷിയാണ് ബ്രഹ്മാവ് തുടങ്ങിയ താഴോട്ട് ക്ഷുദ്രപ്രാണികൾ വരെയുള്ളത് പക്ഷികളാണ് ഈ വൃക്ഷത്തിൽ തിരക്കേറിയിരിക്കുന്ന പക്ഷികളാണ് ബ്രഹ്മാധിഭൂതൃത പക്ഷികൾ നിർമ്മിച്ച കൂടുകളാണ് ഈ സപ്തലോകങ്ങളും അപ്പൊ ലോകങ്ങൾ പക്ഷികളുടെ കൂടുകൾ പക്ഷികളെന്നു പറയുന്നത് ഹിരണ്യഗർഭം തുടങ്ങി അപര ബ്രഹ്മം തുടങ്ങി താഴോട്ട് വരുന്ന സർവവും ഈ ഇവയിൽ താമസിക്കുന്ന പക്ഷികളാണ് പിന്നിക്ഷം എന്താണ് പലവിധ ശബ്ദങ്ങളെ കൊണ്ട് നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നടുത്ത് പറയുന്നത് പ്രാണിസുഖദുഃഖ ഉദ്ഭൂത ഹർഷ ശോകജാത നൃത്യ ഗീത വാതിത്ര ക്ഷേണിത ആസ്ഫോടിത ഹസിത ആകൃഷ്ട രുതിത ഹാ ഹുഞ്ചമുഞ്ചാദി അനേക ശബ്ദകൃത തുമലീഭൂത മഹാരവ വൃക്ഷ വൃക്ഷത്തിനെ വിശേഷിപ്പിക്കുകയാണ് അതായത് എത്ര വർണ്ണിച്ചാലും വിശദീകരിച്ചാലും ആ സംസാരവൃക്ഷത്തിന്റെ ഭയാനകത അപൂർണമായി പോകും അതുകൊണ്ടതിനെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതിപാദിക്കുകയാണ് പ്രാണി സുഖദുഃഖ ഉദ്ഭൂത പ്രാണികളുടെ ജീവന്മാരുടെ സുഖദുഃഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖ ഉദ്ഭൂത സുഖദുഃഖങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹർഷശോകം സുഖത്തിൽ നിന്നുണ്ടാകുന്ന ഹർഷം ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ശോകജാത അതനേകമാണ് അനന്തമാണ് ജീവന്മാർ അനന്തമാണ് ജീവന്മാരുടെ സുഖദുഃഖ അനുഭവങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന ശോക സുഖശോകങ്ങൾ അതും അനന്തമാണ് അങ്ങനെ ഹർഷശോകജാതം പിന്നെ അവിടെ എന്താണ് നൃത്യഗീതം നൃത്യങ്ങൾ ഗീതങ്ങൾ വാതിത്രം വാദ്യോപകരണങ്ങൾ ക്ഷീണിതം ക്ഷേളിതമെന്ന് സാധാരണ പറയുന്നത് സിംഹം ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഗംഭീരമായ ശബ്ദം അതാണ് ക്ഷീളിതം എന്ന് പറയുന്നത് ശബ്ദങ്ങൾ ം ആസ്ഫോടി എന്ന് പറയുന്നത് കൈകൊട്ടുന്ന ശബ്ദമാണ് മുച്ചപ്പൂട്ടുക എന്ന് പറയും അതിനാണ് ആസ്ഫോടിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ശബ്ദങ്ങൾ വിഭിന്ന ശബ്ദങ്ങൾ ഹസിതം പൊട്ടിച്ചിരികൾ ആകൃഷ്ടം നിലവിളികൾ അലർച്ച നിലവിളി അതിനാണ് ആകൃഷ്ടം എന്ന് ം കരച്ച് ഹാ ഹാ എന്ന് പറയുന്ന വിലാപങ്ങളെ ദൈനീയമായ വിലാപങ്ങളെ കാണിക്കുകയാണ് മുഞ്ച മുഞ്ച മുഞ്ച എന്ന് പറഞ്ഞാൽ വിടു വിടു എന്ന് വെച്ചാൽ സംസാരത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിച്ച് അതിനു നിലവിളികൾ ഇത്യാദി എന്ന് തുടങ്ങിയ അനേക ശബ്ദകൃത അനേക ശബ്ദങ്ങൾ തുമലീഭൂതമായ മുഴങ്ങുന്ന വളരെ ഭയാനകമായുള്ള മുഴക്കം യുദ്ധത്തിലും മറ്റുമുള്ള മുഴക്കത്തെയാണ് മഹാരവം അതിനാണ് തുമലി തുമല ശബ്ദം എന്ന് പറയുന്നത് അങ്ങനെ മുഴങ്ങുന്ന മഹാരവം വലിയ ശബ്ദം അങ്ങനെ ശബ്ദത്തോടുകൂടിയതാണ് അതായത് വൃക്ഷമാവുമ്പോൾ അതിൽ പലതരത്തിലുള്ള പക്ഷികൾ കൂടുകൂട്ടിയിരിക്കുന്നു ഈ പക്ഷികൾ നിരന്തരം ശബ്ദിച്ച് നിർബഹണം ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷികളുടെ ശബ്ദം ഇവിടെ എന്താണ് ഈ വൃക്ഷത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളായി സർവ ജീവന്മാരെയും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ജീവന്മാർ നിരന്തരം ഇതിൽ ശബ്ദിച്ചു ആ ശബ്ദങ്ങൾ സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും മറ്റു പലതരത്തിലും അവ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മഹാരഭത്തോടു കൂടിയതാണ് ഈ വൃക്ഷം പക്ഷികൾ വൃക്ഷത്തിൽ ശബ്ദിക്കുന്നതുപോലെ ഈ സംസാരവൃക്ഷത്തിൽ ജീവന്മാരും നിരന്തരം ഇതെല്ലാം ആ ജീവന്റെ കർമ്മബാഹുല്യത്തെ കർമ്മവൈചിത്യത്തെ ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടി പറയുകയാണ് നാനാ തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചും നാനാ തരത്തിലുള്ള കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചും ജീവൻ സംസാര വൃക്ഷത്തിൽ ഉഴലുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് പ്രാണി സുഖ ദുഃഖ ഉദ്ഭൂത ൃത്യ ഗീതവാദിത്ര ഇനി വൃക്ഷത്തിന് വേണം മറ്റൊരു വശമുണ്ട് ഇതിന് വിപരീതമായ ഭാവം അതടുത്ത് പറയുന്നു വേദാന്തവിഹിത ബ്രഹ്മാത്മദർശന അസംഘസ്ത്രൃത ഉച്ഛേദ ഇതിന്റെ ഉച്ഛേദം അത്യന്തികമായ നാശം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നു വേദാന്തവിഹിത വേദാന്തത്തിൽ ഉപദേശിക്കപ്പെട്ടതായ വേദാന്തത്തിൽ പറയപ്പെട്ടതായ ബ്രഹ്മാത്മദർശൻ പരമാത്മദർശനം ജീവാത്മ പരമാത്മ ഏകത്വ ദർശനം അതാണ് ബ്രഹ്മാത്മദർശനം ആത്മവിജ്ഞാനം ആത്മവിജ്ഞാനമാകുന്ന അസംഗശസ്ത്രം ആത്മവിജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അസംഗത ഈ സംസാരവൃക്ഷത്തിൽ നിന്നും ഉള്ള ജീവന്റെ വേർപെടൽ അങ്ങനെയുള്ള ശസ്ത്രം ആയുധം കൊണ്ട് കൃത ഉച്ഛേദ ഈ സംസാരവൃക്ഷത്തിൽ നിന്നും ജീവൻ മേരുപെട്ടാൽ ഇതിന്റെ ഉച്ഛേദം നാശം സംഭവിക്കുന്നു അപ്പൊ അസംഘമാകുന്ന ശസ്ത്രം ആസംഖശസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ആത്മദർശനമാണ് ഇവിടുത്തെ അസംഘശാസ്ത്രം ആത്മദർശനം കൊണ്ടത്തിന് എന്തുകൊണ്ട് അസംഘശസ്ത്രം എന്ന് പറഞ്ഞു അസംഘം സംഘമില്ലാതിരിക്കുക എന്തിനോട് സംഘമില്ലാതിരിക്കുന്നു ഈ പ്രപഞ്ചത്തോട് ആർക്ക് സംഘമില്ലാതിരിക്കുന്നു ജീവൻ അപ്പൊ ജീവന് പ്രപഞ്ചത്തോട് സംഘമില്ലാതായിത്തീരുന്നു എന്നുവച്ചാൽ ജീവൻ പ്രപഞ്ചത്തിൽ നിന്നും വേർപെട്ടുപോകും മറ്റേതെടുത്തിട്ടു പറഞ്ഞാൽ ജീവനിൽ നിന്നും ഈ പ്രപഞ്ചം വിട്ടുപോകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ശസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉച്ഛേദം ഈ സംസാരവൃക്ഷത്തിന്റെ പൂർണ്ണമായ നാശം സംഭവിക്കുന്നു ഇനി ഇവിടെ പറഞ്ഞ യാതൊന്നുമില്ല ശ്രുതി സ്മൃതി ന്യായവിദ്യകളോ ഇവിടെ പറയുന്ന അനേക ശബ്ദങ്ങളോ പക്ഷികളോ ശാഖകളോ തളരുകളോ തായ്തടിയോ വേരുകളോ ഒന്നുമില്ല ഇതെല്ലാം നശു അതിനുള്ള അങ്ങനെ നശിപ്പിക്കുന്ന ആയുധം ശസ്ത്രം എന്ന ആയുധം ആ ആയുധമാണ് ആത്മദർശനം ആത്മവിജ്ഞാനം അതിന് അസംഘശസ്ത്രം എന്ന് പറയുന്നു അസംഘമാകുന്നു അതാണ് ഗീത പറയുന്നത് അസംഘശസ്ത്രേന ദൃഢേന ചിത്വ ദൃഢമായ അസംഘശസ്ത്രം അതുകൊണ്ട് ഛേദിച്ചിട്ട് എന്ന് പറയുന്നു അത് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഛേദിക്കാവുന്നതാണ് ആത്മവിജ്ഞാനമാകുന്ന ശസ്ത്രം കൊണ്ട് അത് അസംഘമാണ് ആ ശസ്ത്രം അസംഖതയാണ് ആ ശസ്ത്രം എന്ന് പറയുന്നത് ആത്മവിജ്ഞാനമാണ് എന്താണ് ആയുധം അതിനെ അസംഗത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അതിന് ജീവനെ ഇതിൽ നിന്നും വേർപെടുത്തുന്നൊണ്ട് ഇതിനോടുള്ള സംഘത്തെ ഇല്ലാതാക്കുന്നതുകൊണ്ട് ആ ശസ്ത്രത്തെ ആയുധത്തെ അസംഗം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വൃക്ഷത്തെ നശിപ്പിക്കാം ആത്മവിജ്ഞാനം കൊണ്ടേ ഇങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്ന് സ്വരൂപ ജ്ഞാനം കൊണ്ടേ ഇതിനെ നശിപ്പിക്കാൻ പറ്റൂ ആത്മബോധം കൊണ്ട് ഇതിനെ നശിപ്പിക്കാമെന്നുള്ളതാണ് അസംഘശസ്ത്രകൃത ഉച്ഛേദം അതാണ് ഈ കാണുന്ന യേശ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന പ്രത്യക്ഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരവൃക്ഷം ഇതെന്താണ് അശ്വത്ഥ ഇതൊരശ്വത്ഥമാണ് എന്ന് പറഞ്ഞാൽ അശ്വത്ഥവത് ഇതൊരു അശ്വത്ഥ വൃക്ഷത്തെ പോലെയാണ് ഇവിടെ നമ്മൾ പുറമേ കാണുന്ന ഒരു അശ്വത്ഥവൃക്ഷത്തിന് തുല്യമാണ് അതിന് സമമാണ് ഈ സമ്പൂർണ പ്രപഞ്ചവും ഇതിൽ കാണുന്നതൊക്കെ തന്നെയാണ് ഈ സമഷ്ടി പ്രപഞ്ചത്തിനും കാണുന്നത് അതാണ് അശ്വത്ഥ അശ്വത്ഥമെന്ന് പറഞ്ഞ അശ്വത്ഥത്തെ പോലെയാണ് അശ്വത്ഥ ശബ്ദത്തിന്റെ അർത്ഥം നാളേക്ക് നിലനിൽക്കാത്തത് നശിച്ചു പോകുന്നത് അനാദികാലമായി നിലനിൽക്കുന്നു വളരെ ദീർഘകാലമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇത് നശിക്കാതെ നിലനിൽക്കുന്നതാണെന്ന് തോന്നിപ്പോകാം പക്ഷെ അങ്ങനെയല്ല ഇത് നാളേക്കും നശിച്ചുപോകുന്നതാണ് നാളെ നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ഇത് അശ്വത്ഥമാണ് അശ്വത്ഥ വൃക്ഷമാണ് അശ്വത്ഥവൃക്ഷത്തെ പോലെയാണ് എത്ര വലുതാണെങ്കിലും അത് നശിച്ചു പോകുന്നതാണ് അതിന്റെ പ്രത്യേകത എന്താണ് കാമകർമ്മ വാതയിലിത നിത്യപ്രചലിത സ്വഭാവ അശ്വത്വ വൃക്ഷം അത് കാറ്റ് വീശിയാൽ നിരന്തരം അത് ചലിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ ഇലകളെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും ആൽവൃക്ഷത്തിന്റെ പ്രത്യേകതയാണ് ഈ സംസാരവൃക്ഷവും അങ്ങനെയാണ് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് കാമ കർമ്മവാദങ്ങൾ കാമം കർമ്മം കാമം കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നു കാമത്തിന്റെ സൃഷ്ടിയാണ് കർമ്മം ആ കാമവും കർമ്മവുമാകുന്ന വാത കാറ്റ് അതുകൊണ്ട് അത് വാതേരിത അത് വീശുന്നതുകൊണ്ട് പാതത്തിന്റെ ഇരണം വീശൻ കാറ്റ് വീശുന്നതുകൊണ്ട് കാമകർമ്മങ്ങളാകുന്ന കാറ്റ് വീശുന്നതുകൊണ്ട് നിത്യപ്രചരിത സ്വഭാവ എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് എന്നും ചലിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ ആ ജീവന്റെ അവസ്ഥ നിത്യം എന്നുവെച്ചാൽ സദാ അനുക്ഷണം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു ആ ജീവന്റെ ഭാവത്തിന് പ്രദിക്ഷണം മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ആന്തരികമായും ബാഹ്യമായും സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനും പ്രദക്ഷിണം ആ ജീവന്റെ ഉള് മനസ്സ് വികാര വിചാര തലങ്ങൾ പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു സ്ഥായിയായ ഒരു ഭാവം അതിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല പുറമെ സ്ഥൂലമായ ശരീരാവയവങ്ങൾ അതും പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു ആ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ബാഹ്യ പഞ്ചഭൂതാത്മകമായ പ്രാപഞ്ചിക വസ്തുക്കൾ അതെല്ലാം പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു പരിണമിച്ചു മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് കാമ കർമ്മവാദം വീശുന്നതുകൊണ്ട് വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും തായ്തടിയും എല്ലാം ചലിക്കുന്നത് അതുപോലെ ഈ സംസാരം ും പ്രദക്ഷിണം ജീവനും മാറിക്കൊണ്ടിരിക്കുന്നു ഊർധ്വമൂല എന്നാണ് ഇതുവരെ വ്യാഖ്യാനിച്ചത് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അവാക് ശാഖത്തിന്റെ ശാഖകൾ സ്വർഗ നരക തിരി പ്രേതാതിഭി ശാഖാഭി അവാക് ശാഖ സ്വർഗലോകം നരകലോകം തിരിയക് പ്രാണികൾക്കുള്ള ഈ ലോകം പ്രേതം പ്രേതലോകം അങ്ങനെ അനേക ലോകങ്ങൾ സ്വർഗനരക തിരിയു പ്രേതാദിഭി ശാഖാഭി സ്വർഗ നരകാദി ലോകങ്ങൾ പ്രേതാദി ലോകങ്ങൾ എന്നുവെച്ചാൽ അതാത് ലോകങ്ങളിലുള്ള വിശേഷമായ ശരീരങ്ങളെയാണ് ഇവിടെ സ്വർഗ്ഗലോക നരക പ്രേതാദി ശാഖകളെന്ന് പറയുന്നു നേരത്തെയും പറഞ്ഞു ഈ പക്ഷിയുടെ കൂടാണ് ലോകങ്ങളെന്ന് പറഞ്ഞു പക്ഷികൾ ഇവിടെ വേറെ തരത്തിൽ പറയുക നേരത്തെ പൊതുവെ ഈ പ്രാണി ശരീരം ആണ് ഈ പറഞ്ഞു അതിൽ തന്നെ വിശേഷിച്ച് ഓരോ ലോകങ്ങളിലും പ്രത്യേക പ്രത്യേക ശരീരങ്ങളാണ് ഓരോ ശാഖകളെ പോലെ വേർതിരിഞ്ഞ് ശാഖകൾ വൃക്ഷത്തിലിരിക്കുന്നത് പോലെ നരത്തി പൊതുവേ തടി ശരീരം എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നത് ഒരേ ജീവന് ഒരു ശരീരം നരകത്തിൽ മറ്റൊരു ശരീരം തിരിയക്കുകളായിരിക്കുമ്പോൾ മറ്റൊരു ശരീരം പ്രേതമായിരിക്കുമ്പോൾ വേറൊരു ശരീരം ഇങ്ങനെ ഒരു ജീവനും നാനാ ശരീരങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്ന് അനേക ശാഖകളുണ്ടാകുന്നതുപോലെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് സ്വർഗ്ഗ നരക തെരു പ്രേതാധി ശാഖാഭിക്വാക് താഴോട്ടുള്ള ശാഖകൾ എന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ ആൽവൃക്ഷത്തിൽ ശാഖകൾ താഴോട്ട് കിടക്കും വളർന്ന് താഴോട്ട് താഴ്ന്നു ശാഖകൾ അതുപോലെയാണ് ഈ വൃക്ഷത്തിൻ്റെ ഈ വൃക്ഷത്തിന് അവാക് ശാഖാന്നെന്തുകൊണ്ട് പറഞ്ഞ സംസാരവൃക്ഷത്തിന് കാരണം ഇതിൻ്റെ വേര് എന്ന് പറയുന്ന സാധാരണ വേര് താഴെയാണ് വൃക്ഷത്തിന് പക്ഷേ ഇതിന്റെ വേര് മുഖ്യവേരെന്ന് പറയുന്നത് ഉപരിയാണ് പ്രപഞ്ച ഉപരിയാണ് ഊർധ്വമാണ് അതിന്റെ അധിഷ്ഠാന ഊർധ്വമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം താഴോട്ടേ വരത്തുള്ളൂ അപ്പം ശാഖകൾ താഴോട്ടാണെന്ന് വെച്ചാൽ പ്രപഞ്ച അന്തർഗതമാണ് രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളെ കാണിക്കാൻ ബ്രഹ്മത്തിന് എന്തെല്ലാം വൈശിഷ്ട്യങ്ങൾ ഉണ്ടോ അതിനെല്ലാം വിരുദ്ധമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അന്തർഗതമായിരിക്കുന്ന ഈ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവൃക്ഷത്തിന് ആധാരമായിരിക്കുന്ന അതിന്റെ പേര് ആയിരിക്കുന്ന ബ്രഹ്മം അത് പരിപൂർണമാണ് അതിന് നേരെ അത് അതിന് നേരെ വിപരീതമായ സ്വഭാവത്തോടുകൂടി ഇതാണ് അവാക് എന്ന് വെച്ചാൽ അപൂർണമാണ് അത് പരിപൂർണമാണെങ്കിൽ അത് അപൂർണമാണ് ഇതിന്റെ ശാഖകളാകുന്ന ലോകങ്ങൾ ഊർധ്വമൂല അവാക് ശാഖ രണ്ടും വൈരുദ്ധ്യമുള്ളതാണ് ഭ്രമം അപരിഛിന്നമാണ് പക്ഷേ ഈ ലോകങ്ങൾ പരിച്ഛിന്നങ്ങളാണ് ആ ഭ്രമം ചിത്താണ് ഇത് ജഡമാണ് അത് ആനന്ദപൂർണമാണ് ഇത് ദുഃഖമയമാണ് ഈ തരത്തിൽ വിരുദ്ധ സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവാക് ശാഖ എന്ന് പറയുന്നത് താഴോട്ടുള്ള ശാഖകളോടുകൂടി ഇതാണ് അപ്രമവാതിനിത്യമാണ് ഇത് നശിക്കുന്നതാണ് സംസാര ശാഖകളാകുന്ന ഈ നശിക്കുന്നതാണ് മറ്റത് അപരിണാമിയാണ് പരിണമിക്കുന്നതല്ല ഇത് പരിണമിക്കുന്നതാണ് പരിണാമിയാണ് മറിച്ച് ഇങ്ങനെ ഏത് ഭാവത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും അത്യന്ത വിരുദ്ധ സ്വഭാവത്തോടുകൂടിയതാണ് അതുകൊണ്ട് അവാക് ശാഖ എന്ന് പറഞ്ഞു വൃക്ഷത്തിന്റെ ശാഖകൾ അവാക്കാണ് അധോമുഖങ്ങളായിരിക്കുന്നു മറ്റു ഊർധ്വമായിരിക്കുന്നു ബ്രഹ്മം സർവോപരിയായിരിക്കുന്നു ഇത് സർവ്വ അന്തർഗതമായിരിക്കുന്നു അങ്ങനെയുള്ള വൈദക്ഷിണ രണ്ടിന അത് കാണിക്കാനാണ് ഈ രണ്ട് ശബ്ദങ്ങളും പ്രയോഗിച്ചിരിക്കുന്നത് ഊർധം അധ ഊർധ മൂലം മറ്റു സർവശ്രേഷ്ഠമായിരിക്കുന്നു ഇത് സർവഥവുമായിരിക്കുന്നു ഈ തരത്തിൽ എന്നിട്ട് പ്രപഞ്ചത്തിന്റെ നിസ്സാരതയും ജീവന് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആവശ്യകതയും അതിനെയെല്ലാം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിന് ഇങ്ങനെ വിപരീതമായി ചിത്രീകരിക്കുന്നത് ഇത് സത്യമല്ല ഈ പ്രപഞ്ചത്തിൽ മുഴുകുന്നതല്ല പരമാർത്ഥം പരമാർത്ഥത്തിൽ നിന്നുള്ള മോചനമാണ് അതാണ് ഇതിനാധാരമായിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ജീവനെ ബോധ്യപ്പെടുത്തി ജീവനെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ആ പ്രപഞ്ചത്തെ അവക്കായിട്ടും ബ്രഹ്മത്തെ ഊർജ്വമായിട്ടും ഇവിടെ അപ്പോൾ മൊത്തത്തിലൊരു ചിത്രരൂപത്തിൽ മനസ്സിൽ വന്നുകഴിഞ്ഞാൽ ഇത് തലതിരിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ തലതിരിഞ്ഞ വൃക്ഷം എന്ന് പറയുമ്പോൾ ആ വൃക്ഷം അതിന്റെ ആധാരമായ ബ്രഹ്മത്തെ ആശ്രയിച്ച് തലതിരിഞ്ഞു ബ്രഹ്മത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം സദ്ഭാവനകളുണ്ടോ അതിനെല്ലാം വിപരീത ഭാവനകളോടുകൂടി പ്രമചിത്തെ ചിത്രീകരിച്ചിരിക്കുന്നു അനാദിത്വ ചിരം പ്രവൃത്ത ചിരം പ്രവൃത്ത വളരെ കാലമായി ആരംഭിച്ചു കഴിഞ്ഞതാണിത് ദീർഘകാലം ചിരമായി സനാതനം എന്ന് പറഞ്ഞതാണ് എന്ന് തുടങ്ങി െന്ന് പറൻ കഴിയില്ല എന്ന് അവസാനിക്കുമെന്നും പറയാൻ നിശ്ചയമില്ല അങ്ങനെ നിൽക്കുന്നതാണ് സനാതന അനാദിയായിരിക്കുന്നതാണ് ഈ വൃക്ഷം അത് മൂല അവാക്സാഖ് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് യഥ്യ സംസാരവൃക്ഷ മൂലം തതേവ ശുക്രം ശുഭ്രം ശുദ്ധം ജ്യോതിഷ്മത് ചൈതന്യാത്മ ജ്യോതിസ്വഭാവം തദൈവ ബ്രഹ്മ സർവ മഹത്വ ഈ വൃക്ഷത്തിന് നാരായവേരായിരിക്കുന്നു അതാണ് യഥസ്യ സംസാരവൃക്ഷസ്യ മൂലം ആ നാരായവേരായിരിക്കുന്നത് എന്താണ് തദൈവ ശുക്രം അതിന് വ്യാഖ്യാനിക്കുകയാണ് ശുഭ്രം അതുകൊണ്ടും അത് പൂർത്തിയായില്ല വ്യാഖ്യാനം അതുകൊണ്ടൊന്നുകൂടി പറഞ്ഞു ശുദ്ധം അതായത് ബ്രഹ്മം ശുഭ്രമാണ് എന്ന് പറഞ്ഞു ശുഭ്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതെന്നാണ് യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്തതാണ് എന്താ അത് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞ് ശുദ്ധം മാലിന്യമില്ലാത്തത് അപ്പോൾ മാലിന്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബ്രഹ്മത്തിൽ വരാൻ സാധ്യതയുള്ള മാലിന്യം നമുക്കറിയാം വെളിച്ചത്തിൽ വരാൻ സാധ്യതയുള്ള മാലിന്യം ഇരുട്ടാണ് അതല്ലാതെ വെളിച്ചത്തിൽ വേറെ മാലിന്യം ഒന്നും വരുത്തില്ല ആ ഇരുട്ടില്ലാത്തതാണ് അതിനുവേണ്ടി അടുത്ത് അത് ഒന്നുകൂടി വ്യാഖ്യാനിച്ചാണ് ജ്യോതിഷ്മത് ജ്യോതിഷ്മാനാണ് ജ്യോതിസ്സാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ് പ്രകാശ സ്വരൂപത്തോടു കൂടിയതാണ് പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ജഡപപ്രകാശം സൂര്യൻറെയും ചന്ദ്രന്റെയും വിളക്കിന്റെയും മറ്റും പ്രകാശം അതുപോലെ ഒരു പ്രകാശമാണോ പ്രകാശിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയ ഒരു പ്രകാശമാണോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രകാശമാണ് പ്രകാശം എന്ന് പറയുന്നതിന് ഒരിടത്തും അങ്ങനെ ഒരു അർത്ഥമേയില്ല അതാണ് അടുത്ത് പറയുന്നത് ചൈതന്യ ആത്മജ്യോതി സ്വഭാവം ചൈതന്യാത്മ ജ്യോതിസ്വഭാവം ഇവിടെ പ്രകാശം പറഞ്ഞാൽ അത് ചൈതന്യമാണ് ചേതനതയാണ് ജീവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ചേതനത ജ്ഞാനപ്രകാശം അറിവാകുന്ന പ്രകാശം അതാണ് അല്ലാതെ ജഡപപ്രകാശമല്ല അറിവായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം ചിത് പ്രകാശം അതാണ് ചൈതന്യാത്മജ്യോതി സ്വഭാവം അതിനെയാണ് ഇവിടെ ശുക്രം എന്ന് പറഞ്ഞത് തഥിവ ശുക്രം എന്ന് പറഞ്ഞാൽ തത് ഈ സംസാരവൃക്ഷത്തിനു ആധാരമായിരിക്കുന്ന ആ തദ് ആ പരമാത്മാവ് അത് തന്നെയാണ് ശുക്രം പ്രകാശാത്മകമായി ജ്ഞാനപ്രകാശമായി ഉള്ളിലിരിക്കുന്നത് ഇതാണ് തത്വമസിയുടെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അതെവിടെ സ്ഫുരിക്കുന്നു ഉള്ളിൽ ജീവന്റെ അന്തർഭാവ ഭാഗത്ത് അത് ബോധം ജീവന്റെ ഉള്ളിൽ സ്ഫിരിക്കുകയാണ് തന്നിൽ സ്ഫിരിക്കുകയാണ് ഓരോരോ ജീവന്റെയും ഉള്ളിൽ സ്ഫിരിക്കുന്നതാണ് ബോധം ആ തന്റെ ഉള്ളിൽ സ്ഫിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം അതിനെയാണ് ഇവിടെ തദ്ദേവ ശുക്രം അതാണ് ഈ സംസാരവൃക്ഷത്തിന് ആധാരമായിരിക്കുന്ന പരബ്രഹ്മ ചൈതന്യം അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് തത്വമസി ഉപദേശം അതാണ് ഇവിടെ പറയുന്നത് ശുക്രം ആ ചൈതന്യം തന്നെയാണ് ചൈതന്യ സ്വരൂപമായി ഉള്ളേണ്ടിയിരിക്കുന്നത് ചൈതന്യാത്മജ്യോതി സ്വഭാവം തന്നെ അതിനെ പിന്നെ എന്തുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നു തന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ചൈതന്യത്തിന് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രിഹി വൃദ്ധവും ഏറ്റവും വലത് എന്നാണ് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം ഏറ്റവും വലുതായതെന്നാണ് തന്റെ ഉള്ള് എന്ന് പറയുമ്പോൾ അത് തണ്ണിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും തണ്ണിൽ അന്തർഭവിക്കുമ്പോൾ അത് ചെറുതാണെന്ന് തോന്നി താൻ തൻ്റെ ശരീരം ആ ശരീരത്തിന്റെ പരിച്ഛിന്നതയിലൂടെ തൻ്റെ ഉള്ളിനെ കുറിച്ച് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റും ഉള്ളെന്ന് പറയുമ്പോൾ ഉടൻ ശരീരത്തെ കുറിച്ചുള്ള ബോധമ്പര് ശരീരത്തിന്റെ അന്തർഭാഗം ഒരു പാത്രത്തിന്റെ ഉള്ളുപോലെ അപ്പം അങ്ങനെ വരാൻ പാടില്ല മറിച്ചതെന്താണ് ആ ചൈതന്യം സർവമഹത്വ സർവത്തിലും മഹത്താണോ എന്നിട്ട് സർവ്വവ്യാപകമാണ് എന്നറിയാം സർവ വ്യാപകമായിരിക്കുന്ന ആകാശത്തെയും അന്തർഭവിപ്പിക്കുന്നതാണത് അപ്പൊ തന്റെ ഉള്ളു തന്റെ ശരീരം തന്റെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനം എന്ന് ധരിച്ചുള്ളതിന് ബ്രഹ്മ എന്ന് പറയുന്നു അനേക ജീവ ശരീരത്തിനും വ്യാപിച്ച് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നതാണ് അതാണ് ബ്രഹ്മ സദൈവ ബ്രഹ്മ അത് തന്നെയാണ് ആ ബ്രഹ്മം അപ്പൊ തന്റെ ഉള്ളിൽ സ്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് സർവ്വവ്യാപകമായി സർവ്വപ്രാണികളെയും ഉള്ളിൽ സ്രിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത് അതാണ് ഊർധമൂല അവാക്ശാഖ എന്നതിന്റെ വ്യാഖ്യാനം തദ്വാമൃതം ഇതിനുദ്ധം എന്ന് പറയും നശിക്കുന്ന ആളെന്ന് പറയും നാളെ നിലനിൽക്കുന്നതല്ല ശ്വനതിഷ്ഠതി നാളേക്ക് നിലനിൽക്കുന്നില്ല അതാണ് അശ്വത്വം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിലനിൽക്കുള്ള ഏതാണ് തദൈവ അമൃതം ഈ പറയുന്ന ചൈതന്യം അത് നിലനിൽക്കുന്നു ഈ ചൈതന്യം ആധാരമായിരിക്കുന്ന ഈ വൃക്ഷം സംസാരവൃക്ഷം നിലനിൽക്കുന്നുണ്ട് അതാണ് തദൈവ അമൃതം ഔർധ്വ മൂലമായിരിക്കുന്ന അധശാഖമായിരിക്കുന്ന ഈ വൃക്ഷത്തിലും ഒരു സത്യമുണ്ട് അമൃതത്വം അവിനാശി സ്വഭാവം അതാണ് അവിനാശി സ്വരൂപത്തോടുകൂടിയത് എന്ന് പറയുന്നു സത്യതയും എന്തുകൊണ്ട് സത്യത്വം അത് സത്യമാണ് ഈ വൃക്ഷത്തിൽ തന്നെ ഒരു സത്യമുണ്ടോ പ്രപഞ്ചത്തിൽ തന്നെ ഒരു സത്യമുണ്ട് പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് സത്യം ആ സത്യത്തെയാണ് ബ്രഹ്മെന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ തന്നെ അസത്യം ഇരിക്കുന്നു അന്ന് പ്രപഞ്ചമൊന്നും പറയും സത്യത്വ അതിന് ശ്രുതിയിൽ ശ്രുതിയിലും മറ്റും പറയുന്നുണ്ട് വാചാരംഭണം വികാരോ നമധേയം ഇത് വാചാരംഭമാണ് വെറും വാക്കിന് ആലംബനമാണ് സത്യത്തിൽ നിലനിൽക്കുന്നതല്ല വാക്കുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമാണ് അതാണ് വാകാലംബനം വാചാരംഭണം എന്ന് പറയുന്നത് ഇത് വികാരമാണ് ചൈതന്യത്തിന്റെ സൃഷ്ടിയാണ് നാമധ്യേയം നാമം മാത്രം വസ്തുവില്ല വസ്തുസത്തയില്ല നാമം കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വസ്തുസത്തയുള്ളൂ പരമാർത്ഥ വസ്തുസത്തയില്ല അതുകൊണ്ട് തന്നെ എന്താണ് അനുദമാണ് ഇത് മിഥ്യയാണ് ഇത് അനുദമാണ് പരമാർത്ഥത്തിൽ ഇല്ലാത്തതും അനുഭവത്തിൽ ഉള്ളതുപോലെ തോന്നുന്നതുമാണ് അന്യ അധമർത്യം അത അന്യ ഈ പരമാത്മ വസ്തുവിൽ നിന്നും അന്യമായിട്ടുള്ള സർവവും മർത്തിയമാണ് നശിക്കുന്നതാണ് സംസാരവൃക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് അതിന്റെ താൽപര്യത്തെ പറയുകയാണ് ഇതുവരെ പറഞ്ഞതിന്റെ തസ്മിൻ പരമാർത്ഥസത്യ ബ്രഹ്മണി ലോക ഗന്ധർവ നഗര മരിച്ചുതക യാസമാരമാർ ദർശന ഉത്പത്തിസ്ഥിതിലയേഷു തസ്മിൻ പരമാർത്ഥസത്യ ബ്രഹ്മണി ആ പരമാർത്ഥസത്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലോകാഹ ഈ ലോകങ്ങളെല്ലാം ഈ പറയുന്ന വൃക്ഷം ആ വൃക്ഷത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ലോകം അതെല്ലാം ഗന്ധർവനഗരം ഗന്ധർവ നഗരത്തെ പോലെ മരിച്ചുകൾ കാനൽ ജലം പോലെ മായ ഇന്ദ്രജാലം പോലെ സമാഹ പോലെ അതിനു തുല്യമായി അതിനു തുല്യമായി ഇന്ദ്രജാല സമാനമായി പരമാർത്ഥദർശന അഭാവ അവ പരമാർത്ഥദർശനം കൊണ്ട് അഭാവ അവഗമനഹ ഇല്ലാത്തതായി ബോധ്യപ്പെടുന്നതാണ് സർവവും പരമാർത്ഥദർശനം കൊണ്ട് ഇതിന്റെ അഭാവത്തെ ബോധ്യപ്പെടുന്നവയാണ് ഇപ്പൊ നിൽക്കുന്നവയെല്ലാം അതാണ് പരമാർത്ഥ ദർശനാഹ പരമാർത്ഥദർശനേന അഭാവ അവഗമനാഹ അങ്ങനെയുള്ള ഈ പ്രപഞ്ചം ശ്രുതാഹ ആശ്രിതാഹ ഇത് സർവവും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു സർവേ സമസ്താഹ ഈ സമസ്ത പ്രപഞ്ചവും പരമാർത്ഥ ദർശനം കൊണ്ട് ഇല്ലാതായി തീരുന്നതാണ് ഈ വൃക്ഷത്തിന്റെ പരമാർത്ഥ ദർശനം കൊണ്ട് എന്നുവെച്ചാൽ വൃക്ഷത്തിന്റെ ആധാരമായിരിക്കുന്ന പരബ്രഹ്മ ദർശനം കൊണ്ട് ഇതെല്ലാം അഭാവ അവഗമനാഹ അഭാവം ഇല്ലാത്തതാണ് ബോധ്യപ്പെടുന്നതാണ് അങ്ങനെയുള്ള ഈ സർവേ സമസ്ത സമസ്തപ്രപഞ്ചം എന്താണ് ഉത്പത്തിസ്ഥിതി ലയേഷു ഉത്പത്തിസ്ഥിതി ലയങ്ങളിലെല്ലാം ശ്രുതാഹ ഈ പരബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു ശ്രുത ലോക സർവേ ഈ സർവ്വലോകങ്ങളും തസ്മിൻ ശ്രുതാഹ അതിനെ ആശ്രയിച്ചിരിക്കുന്നു വൃക്ഷം അതിന്റെ നാരായ പേരിനെ ആശ്രയിച്ചാണ് നൽകുന്നത് അതുപോലെ ഈ സമസ്ത പ്രപഞ്ചം ഈ പര ത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എപ്പോ ഉത്പത്തി സ്ഥിതി പള്ളി അവയുടെ ഉത്പത്തിയിൽ അവയുടെ സ്ഥിതിയിൽ അവയുടെ നാശത്തിലല്ല തത് തദ് പക്ഷെ ആ ബ്രഹ്മം ആ ബ്രഹ്മത്തെ ന അത്യേതി ന അതിപൃത്തതി ഒന്നിനും അതിക്രമിക്കാൻ കഴിയുന്നില്ല ആ ബ്രഹ്മത്തിനപ്പുറം പോവാൻ അതിനാർക്കും കഴിയുന്നില്ല ചോദിക്കുമല്ലോ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടിക്കൊടുത്താവുണ്ടെങ്കിൽ അയാളെ സൃഷ്ടിച്ചതാര് പ്രപഞ്ചത്തിന് അധിഷ്ഠാനമാണ് ബ്രഹ്മമെങ്കിൽ അതിന്റെ അധിഷ്ഠാനം എന്ത് അങ്ങനെ ചോദിക്കാൻ കുത്തർക്കങ്ങൾ പറയുന്നു അത് ബ്രഹ്മമാണ് അതിനെ ഒന്നിനും അതിക്രമിക്കാൻ കഴിയുന്നില്ല അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം സൃഷ്ടികടത്താവുകയാണ് സൃഷ്ടികളത്താവിന് അതിന്റെ ആവശ്യമുണ്ട് കാരണം അത് സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നാ തീയതി അതിനെ ആരും അതിജീവിക്കുന്നില്ല അതിനപ്പുറം പോകുന്നുണ്ടാ നാതിപെടുത്തതേ ഏതുപോലെ പറയുന്നു മൃദാതി ഇവ ഘടാധികാരി കോടം എന്ന് പറയുന്ന കലം എന്ന് പറയുന്ന വസ്തു കലം ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരിക്കലും അതിനും മണ്ണിൽ നിന്നും സ്വതന്ത്രമാകാൻ കഴിയില്ല മൃതാധിമ ഘടാധികാരി മണ്ണിൽ നിന്നും സ്വതന്ത്രമായി മണ്ണിനെ വേറിട്ടിട്ട് കലത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല മണ്ണിൽ നിന്ന് വേറിട്ട് അതിന് സ്വതന്ത്രമായി ഒരു സത്തയില്ല ഉണ്മയില്ലേ അതാണ് അതിവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് മറിച്ച് മണ്ണിനെ ആശ്രയിച്ചു എന്ന നിലനിപ്പോൾ അന്നിനൊക്കെ നിറത്തോളം കാലം മണ്ണിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ സർവ്വകാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം സർവ്വകാരണമാകുമ്പോൾ അതിന് മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല കാരണം അതിന് സൃഷ്ടി സംഭവിക്കുന്നില്ല സൃഷ്ടിക്കപ്പെട്ടതല്ല ഉത്പത്തി ഉള്ളിടത്തെ കാരണത്തിന്റെ ആവശ്യമുള്ളൂ ഉത്പത്തിയില്ലെങ്കിൽ പിന്നെ കാരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അതിനെ അനാദി അനന്തസത്യം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഏതാണ് സത്യം എന്ന് പറഞ്ഞാൽ ഉത്പത്തി സ്ഥിതി ലയമില്ലാത്തതാണ് അതുകൊണ്ട് സത്യത്തിന് കാരണത്തിന്റെ ആവശ്യമില്ല കാരണമുണ്ടെങ്കിൽ അത് സത്യമാകത്തില്ല അതുകൊണ്ടാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് സ്വയം നിലനിൽക്കുന്നതാണ് സ്വന്തം ഉണ്മയിൽ തന്നെ അത് മറ്റ് സർവവും അതിന്റെ ഉണ്മയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു മറ്റുള്ള വസ്തുക്കൾക്ക് ഉണ്മ അത് പകർന്നു കൊടുക്കുന്നതിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം വേണം എന്നാല് മറ്റൊന്നിനൊരു അസ്തിത്വത്തെ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒന്നിന് കാരണത്തിന്റെ ആവശ്യം അത് സൃഷ്ടിക്കെടുത്താവിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അതിന് സ്വതന്ത്ര അസ്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വതന്ത്ര അസ്തിത്വമുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് മറ്റ് സർവപ്രപഞ്ചവസ്തുക്കളിലും അസ്തിത്വം കാണുന്നത് തന്നെയാണ് കാരണം ഇത് പരാശ്രിതമായ അസ്തിത്വം പരാശ്രിതമായ അസ്തിത്വം പ്രപഞ്ചവസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഏതൊരു അസ്തിത്വത്തെയാണോ ആശ്രയിച്ചിരിക്കുന്നത് അത് പരാശ്രിതമാകാൻ പാടില്ല അത് സ്വതന്ത്രമായി തന്നെ നിക്കണം എന്നാൽ ഇതിന് അസ്തിത്വത്തെ അതിന് പകർന്നു കൊടുക്കാൻ കഴിയും അതുകൊണ്ടത് കാരണാതീതം അതിന് മറ്റൊരു കാരണമില്ല അതിന് സൃഷ്ടി വർത്താവിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് എന്നാ അതിപര്ത്തതെ അതിനെ അതിക്രമിക്കാൻ ആർക്കും കഴിയുന്നില്ല സൃഷ്ടി സ്ഥിതി നിയമങ്ങളിലൊന്നും അതിനെ കൊടുക്കാൻ പറ്റത്തില്ല അത് പ്രപഞ്ചത്തിലേ ഉള്ളൂ ഈ നിയമങ്ങളല്ല അങ്ങനെ ഒരു അസ്തിത്വം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അസ്തിത്വം ഇല്ലാതെ പോകും പക്ഷെ പ്രപഞ്ചത്തിൽ അസ്തിത്വം നമ്മൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ അപ്പൊ ആ അനുഭവത്തിന് ഒരു ഉറവിടം വേണം അതാണ് പരമാസ്തി അതിനൊരു അസ്തിത്വത്തെ കല്പിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് സാധ്യമല്ല അതിനുള്ള ശേഷി ബുദ്ധിക്കില്ല കാരണം അത് ബുദ്ധിയുടെയും ഉറവിടമാണ് ബുദ്ധിയുടെ ഉറവിടം അതിനപ്പുറം അങ്ങനെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന് നാതിവർത്തതേ മനസ്സ് ബുദ്ധി എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അതിന് അതുവരെ ചെന്നെത്താൻ പറ്റും അതിനപ്പുറം പോകാൻ പറ്റത്തില്ല കാരണം അതിനപ്പുറം ഇല്ല ഇല്ലാത്തടത്ത് പോകും അതുകൊണ്ട് നാ തീയതി നാതിവർത്തതെ മൃദാതിമീവ ഘടാധികാരി ഒരു കാര്യത്തിനും കാരണത്തിനൊന്ന് വേറിട്ട് കാരണത്തെ മാറ്റി നിർത്തിയിട്ട് നിലനിൽക്കാൻ കഴിയത്തില്ല കശ്ചിത വികാര പറയുന്നു ഒരു വികാരത്തിന് ഒരു കാര്യത്തിനും അത് സാധ്യമല്ല അതുകൊണ്ട് സർവവികാരങ്ങൾക്കും ആശദമായിരിക്കുന്ന ഈ പരബ്രഹ്മത്തെ അതിക്രമിച്ചു പോകുന്നതിന് ആ വികാരങ്ങൾക്കൊന്നും ശേഷിയില്ല അത് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റിയ പരമമായൊരു നിയമമാണത് ഒരു വികാരം ഒരു അഭികാരി ആശ്രയിച്ചേ നിക്കത്തുള്ളൂ ഒരു കാര്യം ഒരു കാരണത്തെ ആശ്രയിച്ചേ നിൽക്കത്തുള്ളൂ ഒരു അസത്യം ഒരു സത്യത്തെ ആശ്രയിച്ചേ നിക്കത്തുള്ളൂ അതിനപ്പുറം ചിന്തിക്കാൻ ബുദ്ധിക്ക് സാധ്യമല്ല പിന്നെ വ്യക്തി സഹമായി ചിന്തിക്കാൻ പറ്റത്തില്ല അതാണ് വ്യക്തമെന്ന് പറയുന്നത് മദേവൻ നഗികസിനോട് പറയുന്നു ഈ തത്വം തന്നെയാണ് ഞാൻ നിനക്ക് ഉദ്ദേശിച്ചു തരുന്നത് ഈ പ്രപഞ്ചാധാരമായിരിക്കുന്ന തരണശേഷം നിലനിൽക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴും നിലനിൽക്കുന്നത് അത് തന്നെയാണ് ഈ സംസാരത്തിന്റെ വിപുലത ഈ സംസാരത്തിന് ആധാരമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സത്യത്വം ഇത് രണ്ടും ഒരുപോലെ വ്യക്തമാക്കുന്നതാണ് ഈ മന്ത്രം ആ തരത്തിലാണ് ഇതിനെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഞാനതിൽ വായിക്കാം ഊർധ്വമൂലോ സനാതനഹ തുക്രം തദ് മൃത ഉച്ചോകാശ്രിതാദ്യേദി കൈ തന്റെ പദാർത്ഥം എഷ അന്വയവും അർത്ഥവും പറയാം സനാതന അശ്വത്ഥുന്ന സനാതനമായ അതിപുരാതനമായി നിലനിൽക്കുന്നതായ അശ്വത്ഥ ആൽവൃക്ഷം ഊർധ്വമൂല ഊർധ്വമായ മുകളിലുള്ള മൂല ിയരോട് കൂടിയതാണ് എന്റെ താല്പര്യം പരബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തോടുകൂടിയതാണ് താഴേക്കുള്ള താഴോട്ടുള്ള ശാഖകളോട് കൂടിയതാണ് എന്നുള്ളതിന്റെ താൽപര്യം വിപരീത സ്വഭാവത്തിലുള്ള ശാഖകളോടുകൂടിയതാണ് ശാഖകൾ എന്നുള്ളതിന് ഭാഷ്യകാരം വ്യാഖ്യാനിച്ച് ലോകങ്ങളോടുകൂടിയതാണ് ലോകങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചഘടകങ്ങൾ എന്നർത്ഥം കൊടുക്കാം അപ്പോ അവാക് ശാഖ എന്ന് പറയുമ്പോ പരബ്രഹ്മത്തിന് വിപരീതമായ സ്വഭാവത്തോടുകൂടിയ പ്രപഞ്ചടകങ്ങളോട് കൂടിയതാണ് ഊർധ്വമൂല അവാക്ശാഖ ഈ സംസാരവൃക്ഷം പരബ്രഹ്മമാകുന്ന ആധാരത്തോടും അതിന് വിപരീതമായ ശാഖാ ഘടകങ്ങളോടും കൂടിയതാണ് തതേവ ഇതിനാധാരമായിരിക്കുന്ന ഇതേതോ അത് തന്നെയാണ് ശുക്രം ജ്ഞാനസ്വരൂപമായിരിക്കുന്നത് ശുക്രം എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ അങ്ങനെയാണ് വ്യാഖ്യാനിച്ച് ജ്ഞാനസ്വരൂപമായിരിക്കുന്നത് തദ്ബ്രഹ്മ അത് തന്നെയാണ് ബ്രഹ്മം സർവവ്യാപകമായിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചു അത് തന്നെയാണ് തത് ആ പരബ്രഹ്മം തന്നെയാണ് ബ്രഹ്മ സർവവ്യാപകമായിരിക്കുന്നത് സദേവ അത് അമൃതം സത്യമായിരിക്കുന്നത് അമൃതം എന്നുള്ളതിനിച്ച് സത്യം പറയുന്നത് തസ്മിൻ ആ പരബ്രഹ്മത്തിൽ സർവേ ലോക ശ്രുത സർവലോകങ്ങളും ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു അതിൽ അല്ലെങ്കിൽ അതിനെ ആ പരബ്രഹ്മത്തെ സർവലോകങ്ങളും ആശ്രയിച്ചിരിക്കുന്നു തത് അതിനെ ഒന്നും തന്നെ ഒരു പ്രപഞ്ചഘടകവും നീതി മറികടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുപരിയായോ അതിന് കാരണമായോ അതിനേക്കാൾ ശ്രേഷ്ഠമായോ ഒന്നും നിലനിൽക്കുന്നില്ല അത്യേതി ഞാൻ മറികടക്കുക ആ തീയതി എന്ന് വെച്ചാൽ മറികടക്കുക എന്നാ തീയതി മറികടക്കുന്നില്ല കശ്ചന ഒരുവനും ഒന്നും തന്നെ ഏതെന്നുള്ളത് മുമ്പ് പറഞ്ഞു വരുന്നതാണ് അതിന് മ ശരി ഓ ശമിഷ് സ്വാമി ഓ ഹൃഗ ആ <laughs>